ശ്രദ്ധാപി ലോക ഭഗവതി മന്ദസ്മി ശ്രീ കൃഷിസ്മക്കെ സം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 മേവേശ സമ്പദ് അസ്മാരീരാതിരുപസംബനേണ വി നിഷ്യത്തെ ഉത്തമ പുരുഷ സജീ ലക്ഷൻ കീഡൻ രമമാണ സ്ത്രീഭർ യാനോ ഭജനം സ്മരൻ ഇതം ശരീരം സഥ്യാചരണേ യുക്യമേവായസ്മരീരെ പ്രാണോ യുക് ഷോ അക്ഷി ദൃശ്യ ഇവിടെ എന്തുകൊണ്ട് അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞു സർവാത്മാവായിരിക്കുന്ന ഈ തത്വത്തിനെ കേവലം അക്ഷിപുരുഷൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു അതിന് ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ വ്യാഖ്യാനിക്കുന്നു എങ്ങനെയാണോ പ്രയോഗ്യം അശു അല്ലെങ്കിൽ കാള ഇതെല്ലാം ഇവയെല്ലാം ബന്ധിച്ചിട്ട് അതിനുപയോഗിക്കുന്നത് അതുപോലെ ശരീര പഞ്ചവൃത്തി മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മാ ആ ജീവാത്മാവ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്തുകൊണ്ട് വിജ്ഞാനക്രിയാശക്തി ദൈവ സമൂര് സ്വകർമ്മഭോഗം നിയുക്തഹം ഉത് ഭവിഷ്യാമിൻ പ്രതിഷ്ഠ പ്രതിഷ്ഠയാമിട്ടുണ്ട് പ്രാണൻ ഇന്ദ്രിയങ്ങളും പ്രാണനും തമ്മിൽ പരസ്പരം വിവാദമുണ്ടാകും ഇന്ദ്രിയങ്ങള് പരസ്പരം എല്ലാവരാണ് ശ്രേഷ്ഠം കാരണം പ്രാണന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്താണ് പ്രാണൻ ആ ശരീരം വിട്ടുപോകുമ്പോൾ ഇന്ദ്രിയങ്ങളും വിടാൻ തയ്യാറാവുന്നു ആ ശരീരത്തിൽ പ്രാണങ്ങൾ ഉറച്ചിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഉറച്ചിരിക്കുന്നു പ്രാണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ജീവൻ പ്രാണോപാധികനായ ജീവൻ ജീവനാണ് പ്രാധാന്യം ആ ജീവൻ ഈശ്വരണ സർവാധികാരി ദർശനശ്രവണചേഷ്ട വ്യാപാരി അധികൃത അധികൃത ആ ജീവനെ ഈ ശരീരത്തിൽ നിലനിർത്തിയിരിക്കുന്നവരാണ് ഈ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടെ രഥത്തിൽ കുതിരയെ ബന്ധിപ്പിക്കുന്നത് ആ രഥസ്വാമി രഥത്തിന് ഇവിടെ മുസ്തലമുണ്ടെങ്കിൽ ആ രഥത്തെ നയിക്കുന്നു ഇവിടെ ഈ ശരീരത്തിൽ ഈ ജീവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആരാണോ അത് ഈശ്വരൻ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഈശ്വര സേതത്വ പ്രാണോപാധി ദ്വാര ഭോക്തൃത്വാദി സംസാരിത്വം ഈശ്വരൻ തന്നെ ഉപാധികളിലൂടെ ഭോക്താവായി ഇരിക്കുന്നു ഈ ശരീരത്തിൽ ജീവഭാവത്തിലിരിക്കുന്നു അത് ഈശ്വരൻ തന്നെ അതുതന്നെ തക്ഷപുരുഷനായിരിക്കുന്നു ക്ഷപുരുഷൻ എന്ന് പറയുന്നത് ജീവനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതാ ഈശ്വരൻ തന്നെയാണ് എന്നുവെച്ചാൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ജീവനാകുമോ ഇല്ല പിന്നെ ഈശ്വര തത്വം ഈശ്വര തത്വം തന്നെ ഭോക്തൃത്വ അതി സംസാരിക്കും കേവലം തത്വരൂപത്തിലല്ല ധികളെ ആശ്രയിച്ചുകൊണ്ട് അദ്വൈതത്തിൽ വിരോധം ഒരു സ്ഥലത്ത് ഒരു പറയും ജീവൻ ഈശ്വരൻ നിയന്താവാണോ ജീവനെ നിയമനം ചെയ്യുന്നവനാണ് ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നവനാണ് ബന്ധവും മോക്ഷമൊക്കെ നൽകുന്നയാളാണ് ഈശ്വരൻ എന്ന് പറയും അദ്വൈതത്തിൽ അവിടെ തന്നെ പറയും ആ ഈശ്വരനും ജീവനും ഒന്ന് തന്നെ പത്തൊമ്മസി അപ്പൊ ഇതിൽ വൈരുദ്ധ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തത്വത്തിൽ അതൊന്നായിരുന്നിട്ടും ഉപാധി ഭേദം കൊണ്ട് ആ തത്വം തന്നെ ഭോക്തൃത്വാദിജീവി രൂപത്തിലായി അതുകൊണ്ട് എന്ന് പറയുന്നൊരു ദോഷമില്ല അവിടുത്തെ പറയുന്നു അക്ഷപുരുഷൻ മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാർത്ഥ തത്വം ഈശ്വരയുടെ രാജ്ഞായുവ ഒരു രാജാവിനെ പോലെ യഥാ രാജാ സർവാധികാരിത്വന സേനാധ്യക്ഷ സന്ധി വിഗ്രഹ നീജ്യത വ്യാഖ്യാനത്തിൽ പറയുന്നു എങ്ങനെയാണ് ഒരു രാജാവ് സേനാധിപനം വിളിച്ചിട്ട് അയാൾക്ക് മുഴുവൻ അധികാരം കൊടുക്കുന്നു വേണമെങ്കിൽ അയാൾ രാജ്യവുമായി യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ സന്ധി ചെയ്യാം അങ്ങനെ നിയോഗിക്കുന്നു സേനാധിപന് തഥാ ഈശ്വരേനും സർവചേഷ്ടാന്തരധികൃത സ്വകീയ ദർശനാധി വ്യാപാര നിമിത്തം നിയുക്തോഭവതി അതുപോലെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു ജീവനെ നിയോഗിക്കുന്നു നമുക്ക് ഈ ശരീരത്തിലിരിക്കാം ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകാം അല്ല ഇനി മോക്ഷം വേണോന്ന് വെച്ചാൽ അത് നേടാം സർവത്തിനും ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നു ജീവനെ എന്നാണ് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വാതന്ത്ര്യമാണ് സേനാധിപൻ ആധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേനാധിപൻ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യും വേണ്ടി വന്നാൽ സന്ധിയും ചെയ്യും രണ്ടിനും കൂടെ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ജീവനും ഇവിടെ സർവതന്ത്രസ്വതന്ത്രനായിരിക്കും പക്ഷെ അത് ഈശ്വര അധീനനായിട്ട് മാത്രം ആ സ്വാതന്ത്ര്യം പറയുന്നത് ഈശ്വരൻ കൊടുത്തതാണ് തനിയെ രാജ്ഞർകാരി ദർശന ശ്രവണ ശ്രേഷ്ഠ വ്യാപാരി അധികൃത ദർശനാധി കാണുക കേൾക്കുക മണക്കാർജിക്കുക സ്പർശിക്കുക തുടങ്ങിയ എല്ലാ പ്രവൃത്തികളിലും അയാൾ അധികാരിയായിരിക്കുന്നു തസൈവത് മാത്രം ഏകദേശ ചീയം അങ്ങനെയാ ജീവൻ ഈശ്വരൻ എന്നും പറയുന്നു ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സർവപ്രവൃത്തികളും ചെയ്യുന്നു സർവൈന്ദ്രിയ വ്യാപാരങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ മുഖ്യമായി വരുന്നതാണ് ചക്ഷുരേന്ദ്രിയം അതൊരു മുഖ്യ ഉപാധിയാണ് ഈശ്വരൻ്റെ അതുകൊണ്ടവിടെ ചാക്ഷുഷപുരുഷൻ എന്ന് പറഞ്ഞു അലമറിച്ച് കണ്ണിൽ കാണുന്ന പ്രതിബിംബമല്ല ചക്ഷപുരുഷൻ എന്ന് പറയുന്നു ഒരാൾ വേറൊരാളുടെ കണ്ണിൽ നോക്കുമ്പോ കാണുന്ന ആ പ്രതി പോകണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അധ എത്ര ആകാശം അനുവിഷണ്ണം ചക്ഷു സക്താക്ഷരുഷോ ദർശന ചക്ഷു അധ യേദം ജഘ്രണീതി സത്മാന്ധ്രാണോ വേദേദം അഭിവ്യഹരാണീതി സ ആത്മാ അഭിവ്യഹാരാ അധ യുവേദം ശൃണവാനീതി സ ആത്മാ്രവത്രം അഥയ അഥയ कृष्णतारो तत्रसा कृष्णताव संहत स्रोत्रचुषिदर्शन लिंग दृश्य ഒരു അശരീരോ അസംഹത ഇവിടെ പറയുന്നു നമ്മുടെ ഈ തത്വത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുമെങ്കിലും എന്തുകൊണ്ട് അത്ര കൃഷ്ണതാരോപലക്ഷിതം കൃഷ്ണമണി നമ്മൾ പറയുന്ന കണ്ണ് ആകാശം എന്ന് പറയുന്നു ഇരിക്കാനൊരിടം വേണമെന്ന് കണ്ട് പറയുന്നു അവിടെയുള്ള ആകാശം മാംസമയമായ ആ പിണ്ഡത്തിലല്ല കണ്ണൻ്റെ അതിനും ആധാരമായിരിക്കുന്നു ആകാശം സർവഭൗതികൾക്കും ആധാരമായിരിക്കുന്നതാണ് ആകാശം അവകാശം ഇടം ആ ആകാശത്തിലാണിരിക്കുന്നത് ഈ കൃഷ്ണതാര കണ്ണെന്ന് നമ്മൾ പറയുന്നതിനുദ്ദേശിച്ച് പറയുന്നു ദേഹഛിദ്രം ആകാശത്തിന് പറയും ദ്ദേഹത്തിലുള്ള ഒരു ചിത്രം ഇടം അനുവിഷണം അനുഷക്തമനഗതം ആത്മാഷ അവിടെ ഈ ചാക്ഷുഷാത്മാവ് ചക്ഷുര ഇന്ദ്രിയം എന്ന് പറയുന്ന ആ ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് അവിടെ സ്ഥിതി അവിടെ സ്ഥിതി കൊണ്ട് അവൻ ദർശന വ്യാപാരം നടത്തുന്നു വാസ്തവത്തിൽ ആത്മാവ് ഇങ്ങനെ അശരീര ആത്മാ ശരീരമില്ലാത്തവനാണ് നിസ്സംഗനാണ് നിർഗുണനാണ് അതെല്ലാം അതെല്ലാം ആയിരിക്കെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് സ്ഥൂലമായ ഉപാധി നമ്മളീ കാണുന്ന കണ്ണം അതിനും സൂക്ഷ്മമായ ഉപാധി എന്ന് പറയുന്ന ആകാശം അതിന് സൂക്ഷ്മമായിരിക്കുന്ന ഉപാധികൾ അന്ധക്കരണം ചക്ഷിരേന്ദ്രിയം സൂക്ഷ്മൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ചക്ഷിരേന്ദ്രിയം ഇത്തരം ഉപാധികളെല്ലാം ആശ്രയിച്ചു കൊണ്ട് അവൻ ചാക്ഷൻ ചക്ഷിരേന്ദ്രിയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകുന്നു ചക്ഷിരേന്ദ്രിയമാകുന്ന ഉപാധിയോട് കൂടിയവനാകുന്നു ചക്ഷ ചക്ഷുഷിഭവ കണ്ണിൽ സ്ഥിതി കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥൂലമായ കണ്ട് മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ആകാശം വരെ പോയത് ആകാശത്തിനപ്പുറമുള്ള അന്ധകരണവും അതിലുള്ള സുഷവമായ ഇന്ദ്രിയങ്ങളെയും എല്ലാം ഗ്രഹിക്കുന്നു ആ ചാക്ഷുഷനായിരിക്കുന്നു അവിടെ ഈശ്വരൻ ജീവനായി ചാക്ഷുഷനായിരിക്കുന്നു ഒന്നാ പരമാത്മ തത്വം നിർവിശേഷമായിരിക്കുന്ന തത്വം സുഷുപ്തനായ ആ സത്വം അത് ജാഗ്രതത്തിലേക്ക് വരുന്നു ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതിന് പ്രവേശിക്കുന്നതിനുള്ള ഉപാധികൾ വരുന്നു ഒന്ന് സർവാധാരമായിരിക്കുന്നു ആകാശം അത് എവിടെയെങ്കിലും മതി കൂടുതൽ അത് ഈ ശരീര പരിച്ഛിന്നമായ ആകാശം തന്നെ ആകണം അവിടെ തന്നെ ഈ മാംസപിണ്ടമായ ചോളകം അതുകൊണ്ട് പരിച്ഛിന്നമായ ആകാശം വരണം അവിടെ തന്നെ ആകാശത്തിൽ ആകാശമാകുന്ന ഇടത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകരണം സൂക്ഷ്മേന്ദ്രിയം ഇതിനോടുള്ള ഈ ആസക്തനായ നിർവിശേഷനായിരിക്കുന്ന ചൈതന്യം താതാൻമെ കൊടുക്കും അതാണ് ജാഗ്രത സംഭവിക്കുന്നത് ചൈതന്യം അതിനോട് ഏകീഭവിക്കുന്നു അധ്യാസം എന്ന് നമ്മൾ പറഞ്ഞു അത് ചൈതന്യത്തിന്റെ തന്നെ സൃഷ്ടിയാണ് അതെങ്ങനെ നിർവിശേഷമായിരുന്ന അസപ്ത ചൈതന്യം എങ്ങനെ ജാഗ്രത ഇതിനോടെല്ലാം താതാന്വപ്പെട്ടു എവിടെ നിന്ന് വന്നു അത് തന്നെ സൃഷ്ടിക്കുന്നു ത സൃഷ്ടനുപ്രാവശ്യതെന്ന് പറയുന്നതാണ് അതിനോട് താതാന്വപ്പെടുന്നു അത് ചൈതന്യത്തിന്റെ സ്വഭാവമാണ് ചൈതന്യത്തിനൊക്കെ കഴിയും എന്താണോ ജഡത്തിനോട് താതം പറ്റും ഇതെല്ലാം ജലമാണ് ആകാശം മന്ദക്കണ്ണം ഇന്ദ്രിയം ഇതെല്ലാം പക്ഷെ അത് കേവല ജലമല്ല അത് ചിന്മയമായിരിക്കുന്നു അതുപോലെ തന്നെ ജട ഒരിക്കലും അതിന് കേവല ജഡമായി നീക്കാൻ കഴിയില്ലൂന്യമായിട്ട് ന്ദ്രിയങ്ങൾക്കൊന്നും ഇങ്ങനെ നിൽക്കില്ല അതങ്ങനെയിരിക്കും സൃഷ്ടിയിൽ തന്നെ അത് സംഭവിക്കുന്നു പ്രകാശത്തിന്റെ മുമ്പിൽ നിൽക്കുക പ്രകാശം പതിയാതിരിക്കുക അത് സാധിക്കത്തില്ലെന്ന് പ്രകാശത്തിന്റെ മുമ്പിൽ വന്നാൽ പ്രകാശം പതിഞ്ഞിരിക്കും അതുപോലെ അസുക്താവസ്ഥയിൽ നിന്ന് ജാഗ്രത്തിലേക്ക് വരുമ്പോൾ ആ ജാഗ്ര സൃഷ്ടി ഈ ചിന്മയമായി ജഡൻ ചിന്മയമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ എൻ്റെതാക്കി ഉദാഹരണം പറയും എന്താണ് അയസ്കാന്ത ദൃഷ്ടാന്തം പറയും അയസ്കാന്തമാകുന്നു ഇരുമ്പ് കാന്തമാകുന്നു അത് ജഡമാണെങ്കിലും കാന്തത്തിന്റെ സാമീപ്യത് അത് കാന്തമയമായി തീരുന്നു അതുപോലെ പക്ഷെ അവിടെ രണ്ട് ജഡവസ്തുക്കളാണ് ഇരുമ്പും ജഡമാണ് കാന്തവും ജഡമാണ് ജഡക്തിയാണ് കാന്തം ജടവസ്തുവാണ് ഇരുന്നത് പക്ഷെ അവിടെ രണ്ടും കൂടി പ്രവർത്തിച്ചിട്ടത് അയസ്കാന്തമായി മാറുന്നു അതുപോലെ ഇവിടെ ഈ ജഡത്തിനോട് ചൈതന്യ താതാത്മ്യം വരുന്നത് പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട് ഇവിടെ ഈ ജഡത്തോടുള്ള ചൈതന്യ താതാത്മ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അനുഭവം അങ്ങനെ നമ്മൾ പറയുന്ന അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ബോധം നമ്മളെ അറിയിക്കുന്ന ബോധം ഇത് ഈ ചിജട താതാത്മ്യത്തെയാണ് നമ്മൾ ബോധമെന്ന് പറയുന്നത് അതെങ്ങനെ ചക്ഷേന്ദ്രിയ സംബന്ധിച്ച് എന്താണ് അതാണ് ഇവിടെ പറഞ്ഞത് അക്ഷി പുരുഷൻ പശ്യാമി ഞാൻ കാണുന്നു മമദൃശ്യം ഇതന്റെ കണ്ണിന് വിഷയമാണ് ഇത്തരത്തിൽ ഉള്ള ഈ അനുഭവമാണ് താതാത്മ്യ താതാത്മ്യം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കെട്ടുകതല്ല കിടങ്ങുകയല്ല അഹം അമ എന്നുള്ള അനുഭവം അതാണ് ഈ ചി ജാതാത്മ്യം എന്ന് പറയുന്നത് അതിനെയാണ് അക്ഷപുരുഷൻ എന്ന് പറയുന്നത് അനുഭവം ഉണ്ടല്ലോ ഞാൻ കാണുന്നവനാണ് എൻ്റെ കണ്ണാണ് എന്റെ കാഴ്ചയാണ് എന്റെ കണ്ണിന്റെ ദൃശ്യങ്ങളാണ് ഈ തരത്തിലുള്ള അനുഭവം ഇത് തന്നെ ആ താതാത്മ്യം എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ താതാത്മ്യത്തിന്റെ പ്രതിഫലം ആ താതാത്മ്യത്തിന്റെ അനുഭവം ആണ് ചാക്ഷുഷൻ അത് തന്നെയാണ് ചാക്ഷുഷൻ നിർവിശേഷനായിരിക്കുന്ന ആത്മാവ് ജാഗ്രത ചക്ഷുരേന്ദ്രിയോടും ആ ദർശനത്തോടും വിഷയത്തോടുമെല്ലാം താതാത്മ്യത്തിലിരുന്നു ഞാൻ കാണുന്നു കാണുന്നവനാണെന്നെല്ലാം വ്യവഹരിക്കുമ്പോ പറയും ചാക്ഷുഷ പുരുഷൻ എന്ന് പറയും ഇവിടെ പറയുന്ന സ്വാനുഭവത്തിൽ തന്നെയാണ് അതായത് ഘടകത പറയുകയാണ് സംഭവിച്ചിരിക്കുന്നു പക്ഷെ അനുഭവത്തെ വിശകലനം ചെയ്യുന്നു അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ കാണുന്നു എന്നുള്ള അനുഭവം എന്തുകൊണ്ടത് സംഭവിക്കുന്നു അവിടെ ചൈതന്യത്തിനെന്താണ് ജഡത്തിനെന്താണ് സ്ഥാനം എങ്ങനെ കൂടി തള്ളിരുന്നു നമുക്കത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ചാക്ഷുഷൻ ഇവിടെ അനുഭവം വസ്തു നിരാകാരമാണ് അതിനാകാരമില്ല ആകാരമെന്ന് പറയുന്നു വ്യവഹാര രൂപത്തെ ചൈതന്യം നിരാകാരമാണെങ്കിൽ അതിൽ ആകാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു ചൈതന്യം കേവലമായ ബോധം അതിൽ ആകാരം പെടുത്തിപ്പെടുന്നു ഞാൻ ഇതാണ് അതിൻ്റെ ആകാരം പറയുന്നത് അനുഭവരൂപം ഞാൻ കാണുന്നു അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരാകാരം ഞാൻ കാണുന്ന വിഷയങ്ങൾ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരാകാരം വാസുവതി ചൈതന്യം ആകാരരഹിതമാണോ യാതൊരു ആകാരമില്ലാത്തതാണ് ഈ ആകാരം കൂടാതെ തന്നെ ഈ ചൈതന്യത്തിന് പ്രകാശിക്കും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു കേവലമായി അപരോക്ഷമായി അത് സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ജാഗ്രതറിയാൻ കഴിയില്ല ആകാരം കൂടാതെയുള്ള ചൈതന്യത്തെ ജാഗ്രത പിടിയിട്ട ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ താതാന്യം സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ജാഗ്രതല്ല അവിടെ ആകാരമില്ലാത്ത ചൈതന്യം അനുഭവം ഉണ്ടായിരിക്കുക പക്ഷെ അഹമില്ലാതിരിക്കാതെ സംഭവിക്കത്തില്ല അത് ഒരേ ഒരു അനുഭവത്തിലേ ഉള്ളൂ ആകാരഹിതമായ ചൈതന്യം അതാണ് സുഷൃക്തി അതാണ് അതിന് നിർവിശേഷം എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് എന്താണ് മോക്ഷദൃഷ്ടാന്തമാണ് അവിടെ ആകാരമില്ല ആകാരം വന്നോ ആ സുഷൃപ്തിയിൽ സുപ്തനായിരിക്കുമ്പോൾ അവിടെ ഈ ആ തൃഷ്ടോ ഈ ഉടൻ സ്വപ്നം എന്നെങ്കിൽ ജാഗ്രത ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ കേവലമായ ചൈതന്യം നിർഗുണമായ നിരാകാരമായ നിർവിശേഷമായ ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തിലുള്ള ചൈതന്യം അതാണ് നിരാകാരമായ ആത്മാഅസ്തിത്വത്തിൻ്റെ സ്ഥിതി അതൊന്നും മാത്രമാണ് വേറെ ഒന്നുമില്ല വേറൊരുടത്തും അത് ഉണ്ടാകത്തില്ല അവിടെ നമുക്ക് പറയാൻ പറ്റില്ല ചാക്ഷുഷൻ ചക്ഷുപുരുഷൻ എന്ന് പറയാൻ പറ്റും ജീവൻ എന്ന് പറയാൻ അതുകൊണ്ടാണ് ഭാഷകാലം പറഞ്ഞ ജീവത്വം വിഹായ ഓർമ്മയുണ്ടാവും ആ ജീവത്വത്തെ അവിടെ ഉപേക്ഷിച്ച് അവിടെ ജീവനല്ല ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ജീവനെ കുറിച്ചാണ് തന്നെ ചാക്ഷുഷനായ ജീവൻ ഈ അനുഭവങ്ങളല്ല ചർച്ച ചെയ്യുന്നതെല്ലാം ജാഗ്രതത്തിലെ ഈ ജീവഭാവത്തെ കുറിച്ചാണ് അത് ഈ തദാത്മ്യം കൊണ്ട് മലിനമായതാണ് തന്റെ തന്നെ സൃഷ്ടിച്ച് തദൈവാനും പ്രാവശ്യത്ത് അവിടെ ഇത് വിശദമായി ചർച്ച ചെയ്താണ് ചാക്ഷത്തസ്യ ദർശനായ രൂപോപലബ്ധയെ ഇവിടെ ഒരു ജീവന് വന്നു ചാക്ഷുഷപുരുഷന്മാണു ദർശനത്തിന് വേണ്ടി കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യങ്ങളെല്ലാം രൂപമാണ് നിറമാകമാകാരമായ ഖനമാനങ്ങളെല്ലാം രൂപമാണ് ആരൂപ ഉപലബ്ധിക്ക് വേണ്ടി ചക്ഷു അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രിയം അവിടെ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അതെല്ലാം ആവശ്യമാണ് അവിടെ ജീവഭാവം ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ചവദ്യ ഇതാണ് എന്തിനു ചാക്ഷര പുരുഷൻ എന്ന് പറഞ്ഞു തിരുദ്ധാരണ ഉണ്ടാക്കുന്നാണ് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കണ്ണിനെ നോക്കി ധ്യാനിക്കുന്നു ഈ പറയുന്നത് കൃഷ്ണ താരയിലെ പ്രതിബിംബത്തെ നോക്കി ധ്യാനിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു ഭാഷകാലം വ്യാഖ്യാനിക്കുന്നു അതല്ല ചാക്ഷരപുരുഷൻ ാണ് അതാ സുപ്തപുരുഷൻ തന്നെ പക്ഷെ അവനെ ചാക്ഷിഷ്യൻ എന്ന് പറയണമെങ്കിൽ ജാഗ്രത്തിലേക്ക് വരണം അത് ഈശ്വരൻ തന്നെ എന്നും പറയാം ആണല്ലോ പറഞ്ഞത് ഈശ്വരസ്തൃത്വാദി സംസാരം യക്ഷ സർവീശ്വര യേശു സർവജ്ഞാന് പറഞ്ഞല്ലേ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ആ നിരുപാധികനായിരിക്കുന്ന പക്ഷേ സൃഷ്ടിയും താതാത്മ്യെല്ലാം സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജീവന്റെ രൂപ ഉപലബ്ധി ചക്ഷു അതിനുവേണ്ടിയാണ് ഈ ചക്ഷു കർണയസ്യ തദ്ദേഹാദിപിയെ സംഹതത്വ ഉടനെ ഇവിടെ ജാഗ്രതത്തിലേക്ക് വന്നപ്പോ ദേഹാദികളുമായിട്ട് അത് സംഹതമായി ഈ സംഘാതവുമായിട്ട് സംഹതമായെന്നു പറഞ്ഞാൽ ഈ സംഘാതത്തിലുള്ള ബോധം വരിക എന്നുള്ളതാണ് അങ്ങനെ താതാത്മ്യം എന്ന് ഈ ജാഗ്രത് ബോധം തന്നെ അധ്യാസം എന്ന് പറയുന്നു സ്വാനുഭവം തന്നെ ഈ ശരീരത്തെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബോധം ഈ ഉണർ ഇതാണ് അധ്യാസം എന്ന് പറയുന്നത് ആ ബോധത്തിൽ നമുക്ക് ചിത്തിന്നതാണ് ജഡമിന്നതാണെന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല അത് കഴിയാത്തതിന് അധ്യാസം എന്ന് വിളിക്കുന്നു രണ്ടും പരസ്പരം കൂടുതലാണ് തദ്ദേഹാദിപി സംഹതത്വസ്യ ദൃഷ്ട സ്വോത്ര ചുഷി ദർശനത്തെ ഇതെന്തിനായിരിക്കുന്നു പരസ്യദൃഷ്ടേ ആ ദ്രഷ്ടാവിന് വേണ്ടി തന്നെ ദ്രഷ്ടാവും ദൃശ്യവും തമ്മിൽ ഒന്നായെങ്കിലും സംഹതമായെങ്കിലും താതാത്മ്യത്തിലായാലും ദൃഷ്ടാവിനുള്ള ഒരു പ്രത്യേകത എന്താണ് അവനെപ്പോഴും ഇതിൽ നിന്ന് വേറെ വേറെ പിരിഞ്ഞ് നിൽക്കാൻ കഴിയും അതെപ്പോഴും സ്വതന്ത്രനാണ് കാരണം അത് ഏതിനാളാണല്ലോ താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അത് നേരെ വിരുദ്ധ സ്വഭാവമുള്ളതാണ് ഒന്ന് ചെത്തും അതുകൊണ്ട് അവൻ സംഹതനായിരിക്കുമ്പോഴും അസംഹതനായിരിക്കുന്നു ഒരേ സമയം തന്നെ രണ്ടുമായിരിക്കുന്നു ഇത് ഒന്നായിരുന്ന പോലെ എന്തിനുമായി എന്നുവെച്ചാൽ ഒരേ സമയം തന്നെ പരമാർത്ഥഭാവത്തിനും ഒരേ സമയം തന്നെ ജീവഭാവത്തിനും ഒരേ സമയം തന്നെ ഇവിടെ ദ്രഷ്ടാവായും ഒരേ സമയത്തിൻ്റെ ദൃശ്യമായും അല്ലെങ്കിൽ ദൃഷ്ട ദൃശ്യ സംയോഗമായിട്ടും എന്നായിരിക്കും അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അതിന് സമാധാനമില്ല അദ്വൈതത്തിൽ സമാധാനമില്ല ഒരു ദർശനത്തിനും അതിന് സമാധാനമില്ല അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത് അതുകൊണ്ട് അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണല്ലോ അറിയില്ല എനിക്കറിയില്ല എന്തുകൊണ്ടിന് സംഭവിച്ചു എനിക്കറിയില്ല സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം അതിനെ നിദാനം ചെയ്യുന്നതിന് ഒരു വൈദ്യന് സാധ്യമ പരിശോധിച്ചു കഴിഞ്ഞാൽ പറയും എന്താണോ അങ്ങനെ സംഭവിച്ചു അത്ര മാത്രം അങ്ങേറ്റം എന്നാൽ പറയുന്നത് എന്താണ് അത് അജ്ഞാനം എന്നാണ് റിയില്ല എന്ന് പറഞ്ഞാൽ സമാധാനമുണ്ടെന്ന അർത്ഥം അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അജ്ഞാനം എന്ന് പറയുന്ന എന്തോ ഒരു സാധനമുണ്ട് അത് ഇതിനൊക്കെ ഉണ്ടാക്കി അത് ഇതിനൊക്കെ കാരണമാണ് അത് കാരണശരീരമാണ് ഇത് കാര്യമാണ് ഇങ്ങനെയൊക്കെ ഇവിടെ കൽപ്പനകളിലേക്ക് പോകും എന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ള അർത്ഥ ഇതിങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് ഭാഷികാരം പറയും അങ്ങേറ്റം വന്നിട്ട് മായ അതുകൊണ്ടിത് ഒരേ സമയം തന്നെ ആ ദഷ്ടയുടെ അർത്ഥേ എന്റെ പിന്നെ ദഷ്ടാവെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സർവസാക്ഷിയായിരിക്കുന്ന ചൈതന്യം സർവപ്രകാശകനായിരിക്കുന്ന ചൈതന്യം സർവന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം സർവാധാരമായിരിക്കുന്ന ചൈതന്യം അതിനുവേണ്ടി സ്വോത്ര ചുഷി ദർശനേന ലിംഗേന ദർശിത അവനിവിടെ ഈ ശരീരത്തിൽ വന്ന് അവനിവിടെ കാണുന്നവനായിരിക്കുന്നു ദർശനേന ലിംഗേന അതിന്റെ അടയാളമാണ് ഈ കാണുന്നതല്ല കാണുന്നത് കൊണ്ട് ഒരു കാണുന്നവനുണ്ട് പരോ അശരീരോ അസംഹത ഇരിക്കുന്നത് ഒരു സംശയവും വേണ്ട പരൻ തന്നെയാണ് പരമേശ്വരൻ തന്നെയാണ് അശരീരം തന്നെയാണ് ശരീരമില്ലാത്തവൻ തന്നെയാണ് അസംഹതനാണ് ഇതിനോട് താതാത്മ്യം പ്രാപിക്കാത്തവനാണ് എന്ന് പറയുമ്പോ എന്താ ആ സുഷുപ്തിയിൽ നിർവിശേഷനായിരുന്നവൻ തന്നെയാണ് ജാഗ്രത ഇതിനോടെല്ലാം താതാത്മ്യത്തിൽ ഇരിക്കുന്നത് അവനെന്തെങ്കിലും മാറ്റം ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷെ മാറ്റം വന്നതായിട്ടാണ് നമ്മുടെ അനുഭവം മാറ്റം വന്നിട്ടില്ല ഇവിടെയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവനെ തുരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചക്ഷപുരുഷൻ സ്വപ്നപുരുഷൻ സുപ്തപുരുഷൻ എന്ന് പറയാം അപ്പോൾ ഭൂന്ന് തലത്തിലായി പക്ഷെ ഇവിടെ പറയുന്നെന്താണ് ചക്ഷുഷി ദർശനേന ലിംഗേന ദൃശ്യത പരഹ എന്ന ഒന്നാണ് ജീവാത്മാവാണോ പരമാത്മാവാണോ ഇത് രണ്ടും ഒന്നാണ് ഇത് വേറെയാണോ ഇത് തത്വത്തെ വിശദീകരിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മാത്രമാണ് തത്വത്തിൽ പറയുന്ന എന്താണോ അശരീരൻ അസംഹതൻ ആയിരിക്കുന്നവൻ തന്നെ അത് വെറും കെട്ടുകഥയൊന്നും അല്ല നൃഗുണം നിരാകാരം നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നും പറയുന്ന കെട്ടുകഥ കെട്ടുകഥയല്ല അങ്ങനെ ഒന്നിനെ ഇനി നിങ്ങൾ കണ്ടെത്തണം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഇതാരാണ് കണ്ടെത്തുന്നത് അത് കണ്ടെത്താൻ കഴിയും ഈ അവശത കൊണ്ട് ആണ് ഈ ഭാവം വന്നത് ജീവഭാവം വന്നത് ഈ ജീവഭാവമാണ് ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ജീവഭാവത്തിനെന്താ ഈ പറയുന്ന അസംഹതമായ പരഭാവത്തെ കണ്ടെത്താൻ പറ്റും അതങ്ങനെ സംഭവിക്കുന്നു കാരണം ഇത് അവാസ്തവമാണ് ജീവഭാവം ഇവിടെ പറഞ്ഞെന്ന് മനസ്സിലാക്കും ഈ ജീവഭാവം എന്ന് പറയുന്നതിന് അവാസ്തവമാണ് പരമാർത്ഥമാണ് എന്താ ഇങ്ങനെയൊക്കെ അജ്ഞാനം എന്നൊരൊറ്റ സമാധാനം മാത്രമേ ഇതിന് പറയാനുള്ളൂ ആ ജീവഭാവം ഇതിനെ സാക്ഷാത്കരിക്കൂ ഇതിനെ കണ്ടെത്തുമോ ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ ഇതിനെ സാക്ഷാത്കരിക്കുന്നൊക്കെ പറയുന്നതും അത് മറ്റെന്തെങ്കിലും താല്പര്യത്തിൽ പറഞ്ഞായിരിക്കും നമ്മളതിനെ സംബന്ധിച്ച് നമ്മുടേതായ ഭാവനകളെ ഉണ്ടാക്കുന്നു അത്രയും ഇതെന്താണ് ചക്ഷുഷി ദക്ഷിണേന്ത്യത്തിൽ ദർശനമാകുന്ന അടയാളത്തോടു കൂടി ഇരിക്കുമ്പോഴും അവൻ പലനും അശരീലനും അസംഹദിനുമായിരിക്കുന്നു എങ്ങനെയാണവൻ നിർവിശേഷനായി സുഷുപ്തനായിരുന്ന അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റങ്ങൾ അങ്ങനെ മാറ്റമില്ലാതെ എന്ന് അവനെക്കുറിച്ച് ധരിക്കണമെങ്കിൽ അവനെ തുര്യൻ എന്ന് പറഞ്ഞാലേ പറ്റും ഇവിടെ അവിടെ അവൻ തുര്യനായിരിക്കുന്നു അക്ഷര ദൃശ്യത പ്രജാപതിനൗക്തം സർവീന്ദ്രിയോ ദ്വാരോ ഉപലക്ഷണമാണ് അതുകൊണ്ട് ഇവിടെ പ്രജാപതി പറഞ്ഞു താക്ഷസൻ ഇവിടെ നിന്ന് തുടങ്ങണമല്ലോ എവിടെയെങ്കിലും ഒരു പിടികിട്ടണമോ നേരിട്ട് സുഷുപ്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി സുഷുപ്തിയിൽ ചെന്ന് ഉപദേശം അവസാനിപ്പിച്ചു പിന്നീടൊന്നും പറഞ്ഞില്ല പക്ഷെ തുടങ്ങിയത് ഈ ചാക്ഷുഷപുരുഷൻ ആ ചാക്ഷുഷ പുരുഷൻ എന്ന് പറയുന്നത് പരമാർത്ഥമായത് കൊണ്ട ബാലാനാം ഉപലാളന ബാലന്മാരെ ലാളിക്കാൻ വേണ്ടി പറയുന്നത് അസത്യേ പത്മനി സ്ഥിതിത്വ തത് അസത്യം സമീഹത്തെ ആദ്യം കള്ളം പറയും അസംബന്ധം പറയും എന്നിട്ട് അങ്ങനെ ക്രമേണ അവന്റെ ബുദ്ധിയെ തെളിക്കുക അതിനുവേണ്ടിട്ട് അല്ലെങ്കിൽ സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ളവന്റെ ഭ്രമങ്ങളെയൊക്കെ മാറ്റിയെടുക്കുക സ്വത്വത്തെക്കുറിച്ചുള്ളവന്റെ വികലമായ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റുക അതിനു ആദ്യം പറഞ്ഞത് ചാക്ഷിഷ പുരുഷനെന്ന് പറഞ്ഞു പിന്നെ സ്വപ്ന പറഞ്ഞു പിന്നെ പരമാർത്ഥം സുഷുപ്തൻ എന്നു പറഞ്ഞു അത് ചാക്ഷുഷപുരുഷനെന്നേ പറയാവുന്നൊന്നുമില്ല കാണുന്നവനെന്നല്ല കേൾക്കുന്നവനെന്നും പറയാം രുചിക്കുന്നവനെന്നും മണക്കുന്നവനെന്നും പറയാം അതെല്ലാം എടുത്തോളൂ ആ അർത്ഥത്തെ എല്ലാം എടുക്കണം അതുകൊണ്ട് ഇവിടെ പുനഷത്തിൽ ഈ ചാക്ഷുഷ പുരുഷൻ ഇവിടെ പല ഭാഗത്തിനും അങ്ങനെ വരുമ്പോൾ പലർക്കും സംസാരിച്ച ത്രിമലി ബ്രഹ്മതത്വത്തെ നിസ്സാരമായി കാണുന്നവൻ ചക്ഷുപുരുഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു അക്ഷിണി ദൃശ്യ പ്രജാപതി പ്രജാപതി അക്ഷിണി ദൃശ്യത എന്ന് പറഞ്ഞെങ്കിലും സർവ്വേന്ദ്രിയോപലക്ഷണാർത്ഥം എല്ലാ ഇന്ദ്രിയങ്ങളെയും എടുത്തോളാം അങ്ങനെ കാണുന്നവൻ കേൾക്കുന്നവൻ മണക്കുന്നവൻ രുചിക്കുന്നവൻ എന്നെല്ലാം എടുക്കാം സർവ്വവിഷയ ഉപലബ്ധായിരുന്നു ആ നിർവിശേഷമായ ആ തത്വം തന്നെ നിർവിശേഷമായ തത്വം നിർഗുണമായ തത്വം നിത്യശുദ്ധബുദ്ധമായ തത്വം എന്നെല്ലാം പറയുമ്പോൾ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ഉടൻ സുശക്തിയെ കുറിച്ച് ഇരിക്കണം നല്ല വേറെ വഴിയില്ല മറ്റൊന്നും കൂടെ അടയാളമില്ല അതിനെ കുറിച്ച് മനസ്സിലാക്കാം അവിടെ നമുക്ക് മനസ്സിലാക്കാം നിർവിശേഷനായിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു ആ സേവ അവൻ തന്നെ എന്താണ് സർവ്വ വിഷയ വിളബ ജാഗ്രത സ്വപ്നത്തിനും സർവ്വവിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ തത്വം തന്നെയാണ് അതുകൊണ്ടു നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഞാൻ ഉറങ്ങി ഞാൻ സ്വപ്നം കണ്ട് ഞാനത് ഇവിടെ സർവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയുള്ളു അദ്ദേഹത്തിന് പറയാനായിട്ട് സ്ഫുടോപലബ്ധി ഏതുത്വ അക്ഷണേതി വിശേഷം സർവശ്രുതിഷു വരുന്നത് ഇവിടെ മാത്രമല്ല പല ശ്രുതികളിൽ പല ഭാഗത്തിലും ബ്രഹാരുണ്യത്തിലും ഈ ആത്മാവിനെ പറയുമ്പോൾ നിർഗുണനും നിരാകാരനുമൊക്കെ ആയിരിക്കുന്ന ഈ ആത്മാവിനെ പറയുമ്പോൾ അവിടെ ചക്ഷുപുരുഷനെന്ന് പറയും എന്താ അങ്ങനെ പറഞ്ഞത് ഇതിനൊരു പ്രാധാന്യമുണ്ട് കണ്ണുകൊണ്ടല്ലേ ഈ രൂപങ്ങളെ കാണാൻ പറ്റും കണ്ണിലൂടെയുള്ള അനുഭവം പോലെ തെളിച്ചമുള്ള ഒരു അനുഭവം വേറെ വ്യക്തമായ അനുഭവം നമ്മുടെ ഈ അനുഭവത്തിന്റെ വ്യക്തത അത് കണ്ണുകൊണ്ടാണ് സാധിക്കുന്നത് അത് കണ്ണ് നഷ്ടപ്പെട്ടാലേ അറിയാൻ പറ്റും ആ ജീവന ഈ പ്രപഞ്ച പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധം അതിന് ഹേതുവായിരിക്കുന്നു അക്ഷിണി കണ്ണ് അതുകൊണ്ടാണ് വിശേഷ വചനം സർവശേഷം അവിടെ ചാക്ഷുഷപുരുഷൻ എന്ന് പറഞ്ഞു ശ്രാവണ പുരുഷനെന്നോ പറയാതെ ചാക്ഷുഷപുരുഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അനുഭവ വ്യക്തത ഉണ്ട് പ്രപഞ്ച അനുഭവത്തെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ട് കണ്ണിനെ ആശ്രയിച്ചിട്ടാണ് പിന്നീട് വരുന്ന സർവ്വവിചാരങ്ങളും മനനങ്ങളും ഭാവനകളും സ്മൃതികളും എല്ലാം അതാണ് മുഖ്യ അനുഭവത്തിന് ഉപാധിയായിരിക്കുന്നത് അതുകൊണ്ടെന്നർത്ഥം അഹം അദർശം ഇതേ സത്യം ഭവതീതി ശ്രുതേഹി പറയുന്നു ശ്രുതി എന്നെ പറയുന്നു മുഹമ്മദ് അറസ്സും നമ്മള് സാധാരണ പറയാറുണ്ടല്ലോ അതങ്ങനെ പറയുന്നത് അപ്പോ യുക്തിവാദ്യം എന്ന് പറയുന്ന ആരാണ് എന്താണ് ഞാൻ കാണുന്നത് അതേ ഞാൻ വിശ്വസിക്കത്തുള്ളു ചിന്തിക്കാതെ പറയുന്ന എന്റെ അനുഭവത്തിൽ വന്നാലേ വിശ്വസിക്കത്തുള്ളൂ പറയുന്നു ശ്രുജിയും പറയുന്നുണ്ട് യുക്തിവാദം എന്താണ് അഹം അദർശം ഞാൻ കണ്ടു ഞാൻ കാണുന്നു അതുകൊണ്ട് തസത്യം അത് സത്യമാണ് എന്ന് ശ്രുജി പറയാറുള്ളൂ അപ്പൊ കാഴ്ചക്കാണ് ഇവിടെ നമ്മൾ വ്യവഹാരത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ അനുഭവിച്ചാൽ അത് അംഗീകരിക്കും എന്ന് പറയുന്നു ത് ഒരു പാഴു വാക്കാണ് ഞാൻ അനുഭവിച്ചാലും അംഗീകരിക്കത്തുള്ളൂ അനുഭവിച്ചാൽ ഞാൻ അനുഭവമാണ് എനിക്ക് പ്രമാണമെന്ന് പറയും എന്തുകൊണ്ട് ഒരു അനുഭവം പരമാർത്ഥമല്ല പിന്നെങ്ങനെ ഒരനുഭവത്തെ അനുഭവിച്ചതുകൊണ്ട് സത്യം എന്ന് പറയുന്നു ഈ വ്യവഹാരത്തിൽ നമ്മളിങ്ങനെ പറയുന്നു ചിന്തിക്കാം പക്ഷെ ഒരനുഭവം പരമാർത്ഥമല്ല കാരണം ഈ അസത്യത്തോട് കൂടിക്കലർന്നാലേ അനുഭവമാണ് ജട സംയോഗത്തിലാണ് അനുഭവം നിലനിൽക്കുന്നത് അതിനനുഭവം കൊണ്ടുവന്ന പരമാർത്ഥം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല അനുഭവം അസത്യത്തിന്റെ സൃഷ്ടിയാണ് അധ്യാസ കാര്യമാണ് അല്ലെങ്കിൽ അതിനധ്യാസ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയും അതങ്ങനെ അസത്യമാകുന്നത് പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ടെന്ന് ശ്രുതിയും പറയുന്നുണ്ട് അഹം അദർശമിതി അസത്യം ഞാൻ കണ്ടു കണ്ടതൊക്കെ സത്യമാണ് എൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു ഇതിന് ഞാൻ കാണുന്നു അതുകൊണ്ട് പുസ്തകം സത്യമാണെന്ന് നമ്മൾ പറയാറുണ്ട് അത് കേവല പ്രതീതി മാത്രം ഈ പുസ്തകം സത്യമല്ല പുസ്തകത്തെ സത്യം അല്ല പുസ്തകത്തെ കാണുന്നു സത്യമല്ല എന്തുകൊണ്ട് സത്യം നിരപേക്ഷമായിരിക്കുന്നു അത് പുസ്തകത്തെയും കാഴ്ചയെയും കാണുന്നവനെ ആശ്രയിക്കാതെ സ്വയം പ്രകാശനായിരിക്കുന്നു അതാണ് സത്യം നമ്മിത് ഇങ്ങനെ പറയുന്നതോ ഇതിന്റെ പ്രാധാന്യം കൊണ്ട് പറയുന്നു ഞാൻ കാണുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയുന്നു അങ്ങനെ ഒരു പ്രാധാന്യം വ്യവഹാരത്തിൽ അതിനുണ്ട് പരമാർത്ഥത്തിലില്ല പരമാർത്ഥത്തിൽ എന്നുള്ള വിശേഷമാണ് വ്യവഹാരത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യം ഉള്ളത് അതിനീകരിച്ചുകൊണ്ട് ശ്രുതിയും പറഞ്ഞു ചാക്ഷുഷപുരുഷൻ അതാണ് അഹമദർശം ജിഘ്രാണി ഗന്ധം വിജാനായ ഘ്രാണി എന്നിവിടെ പറയുന്നു ആ ജീവാത്മാ അതിൻ്റെ നാനാരൂപത്തിലുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ അംഗ്രഹിക്കുന്നതിനുള്ള ആത്മാവിന്റെ കർണങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഈ പരമാർത്ഥത്തെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇന്ദ്രിയങ്ങളിൽ ഉദാഹരണം എടുത്ത് പറയുന്നു അധാവിശ്വാസം ഇദ്ദേഹം ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു അത്ര എത്ര ആകാശം അനുവിഷണ്ണം ചക്ഷുസ ചാക്ഷുസ പുരുഷോ ദർശനായ ചക്ഷു കണ്ണു വേണ്ടി അഥയോ വേദിത ജിഘ്രാണീതി എന്നിവരാ പറയുന്നു മണക്കുന്നു മൂക്കുകൊണ്ടറിയുന്നു സാത്മാ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ് പ്രജ്ഞാത്മാ ഗന്ധായണം ബന്ധത്തെ ധരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഘ്രാണേന്ദ്രിയം അഥയോ വേദിതം അഭിവ്യാഹ്രാണീതി എന്നെ പറയുന്നു ഞാൻ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വാഗേന്ദ്രിയം നമ്മൾ കർമ്മേന്ദ്രിയെടുത്തിയിരിക്കുന്നു പക്ഷെ വാക്കുകൊണ്ടാണല്ലോ വചിക്കുന്നത് ആ വചനത്തെയാണല്ലോ ശ്രവിക്കുന്നത് ആ ശ്രവണത്തിലൂടെയാണല്ലോ ആറിവുണ്ടാകുന്നത് ശ്രവണത്തിലൂടെ ഉണ്ടാകുന്ന അറിവിനോ കേട്ടറിയോ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഘാണത്തിലൂടെ അറിയുന്നതിനും രസനയിലൂടെ അറിയുന്നതിനും തൊക്കിലൂടെ അറിയുന്നതിനും ഒക്കെക്കാൾ പ്രാധാന്യമുണ്ട് ശ്രവണത്തിലൂടെ വിഗ്രഹിക്കുന്നതിനും കേട്ടറിയുന്നതിന് പരമാർത്ഥതം പോലും കേട്ട അറിയുന്നു അതുകൊണ്ട് അതിനെക്കൂടി ഇവിടെ പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ് കേൾവിക്ക് ഹേതുവായെന്താണ് വചനം വാഗേന്ദ്രിയം വാഗേന്ദ്രിയത്തിലുള്ള ശബ്ദം ശബ്ദത്തിന് കേട്ടു അതുകൊണ്ട് പറയുന്നു യോഗ്യത ഇതും അഭിവ്യാഹാരണീതി പറയുന്നു സാത്മാ അങ്ങനെ പറയുന്നവനാണ് ആത്മാവ് അഭിവ്യാഹാരായ വാക്ക് അങ്ങനെ ഉള്ള അഭിവ്യാഹാരം ശബ്ദപ്രയോഗം അത് വാഗേന്ദ്രിയും മാത്രമല്ല പ്രത്യേകതയാണ് മറ്റൊരു ഇന്ദ്രിയത്തിനും ഇല്ലാത്തൊരു സവിശേഷതയാണ് ഞാൻ കാണുന്നു എന്റെ ചക്ഷേന്ദ്രിയും കാണുന്നു പക്ഷെ എന്റെ ആ കാഴ്ച എനിക്ക് മാത്രേ എന്റെ സ്വന്തം എന്റെ മുമ്പിലിരിക്കുന്നവർക്കൊന്നും എന്റെ കാഴ്ച പങ്കുവെക്കാൻ പറ്റത്തില്ല ഓരോ ജീവനും അവനവന്റെ ചക്ഷേന്ദ്രിയം കൊണ്ട് അവനവന്റെ ദൃശ്യത്തെ ദർശിക്കുന്നു പക്ഷേ വാഗേന്ദ്രിയത്തിന്റെ പ്രത്യേകത അതല്ല ഞാൻ വാഗേന്ദ്രിയം കൊണ്ട് വചിക്കുന്നു പറയുന്നു എന്റെ ശ്രവണേന്ദ്രിയം തന്നെ അതിനെ ഗ്രഹിക്കുന്നു രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു രണ്ട് രണ്ടേന്ദ്രിയമാണ് വാഗേന്ദ്രിയ നമ്മൾ പറയും കർമ്മേന്ദ്രിയം ശ്രവണേന്ദ്രിയെ നമ്മൾ പറയും ശ്രോത്രേന്ദ്രിയം ഇങ്ങനെ കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനം ഈ ജീവനില് വേറെ ഓരേന്ദ്രിയങ്ങളിലും കാണാൻ അതാണ് അതിന് പ്രാധാന്യം വന്നത് ശ്രുതിക്ക് പ്രാധാന്യമെന്നും അതെ വേദത്തിൽ ഈ വാഗേന്ദ്രിയത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു അത് ആയുസ് തന്നെയാണെന്ന് പറയുന്നത് ആ വാഗിന്ദ്രം അത് ഈ സവിശേഷത ഉള്ളതുകൊണ്ടാണ് വാക്ക കൊണ്ട് വചിക്കുന്നു ഒരേ ഞാൻ പറയുന്നത് എനിക്ക് കേട്ടേ പറ്റൂ ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ പ്രയോഗിക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥബോധം ഉണ്ടായേ പറ്റും അതേസമയം ഞാൻ പറയുന്ന ശബ്ദം എന്റെ തന്നെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളൽ കടന്ന് ആ അർത്ഥബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഡബിൾ റോളിലാണ് ഈ വാക് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിന് എടുത്തു പറയുന്നത് സാത്മാഅഭിവ്യാഹരണായ വാക് അഥയോവേദവാനീതി അതാ ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്നു മറ്റൊരാളും പറയുന്നതാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ കേൾക്കുന്നു അത് മറ്റൊരു ഇന്ദ്രിയത്തിലുണ്ട് അതാ അതിൻ്റെ ഒരു തമാശ കണ്ണുകൊണ്ട് കണ്ടാൽ കാഴ്ച മാത്രം പിന്നെ ബാക്കിയെല്ലാ പ്രവർത്തനങ്ങളും മനസ്സിന് നടന്നുകൊണ്ട് മനണം മറ്റൊരിന്ദ്രിയത്തിന് അതിൽ ഇടപെടാൻ പറ്റത്തില്ല അതേസമയം ഇതങ്ങനെയാണ് വാക്കുകൊണ്ട് പറയുന്നു ശ്രുതി ശ്രോത്രം കൊണ്ട് ശ്രവിക്കുന്നു അതിനെടുത്ത് പറയുന്നു ശുണ് സാത്മാശ്രവണായ ശ്രോത്രം ഇത് വേണ്ടി ശ്രോത്രം അതാണ് ഇവിടെ ഭക്ഷ്യകാരം പറയുന്നത് അഥയോ വേദ ഇതം വജനാഭിവ്യഹ അതാസ്മിന് ഇതം സുഗന്ധി ദുർഗന്ധിവാഗന്ധിയായിട്ടോ ദുർഗന്ധിയായിട്ടോ ഒക്കെ ഗ്രഹിക്കുന്നു ജിഘ്രാണി മണക്കുന്നു ഇത് അസ്യ ഗന്ധം വിജാനീയാമി പറയുന്നു ഞാൻ ഗന്ധത്തെ അറിയുന്നു സാത്മാ അവൻ തന്നെയാണ് പ്രജ്ഞാത്മാവ് തസ്യ ഗന്ധായ ഗന്ധവിജ്ഞാനായ ഘ്രാണും ആ പ്രജ്ഞാത്മാവിന് വേണ്ടിയാണ് ഘണേന്ദ്രിയം വചനം എന്ന് സഭിവ്യാഹരണക്രിയാസിദ്ധീകരണം ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അഥയോ വേദം ശൃണുവാനീതി സത്മാവണായ ശ്രോത്രം അതുകൊണ്ട് ഇവിടെ ചാക്ഷുഷ പുരുഷനെന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കണ്ണില് ധ്യാനിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞാലോ ഇത് ഏതും പറയാം ഏതേന്ദ്രിയ സംബന്ധിച്ച് ഇത് പറയാം അവിടെ എന്തിനും പറഞ്ഞു ആ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഈശ്വരൻ തന്നെ ആ പരമാർത്ഥ തത്വം തന്നെ ഇത്തരം ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിന് ജീവാത്മഭാവത്തിൽ ഇരിക്കുന്നു ഉപാധികളെല്ലാം സ്വീകരിച്ചത് കൊണ്ട് ആ ഈശ്വരന്റെ ഈശ്വരത്വം ഇവിടെ ഇല്ല പ്രകടമാകുന്നില്ല അത് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് ഇനിയും ഇതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളിൽ അതാണ് അടുത്ത് പറയുന്ന അധ യോഗ്യം മന്വാനീതി സ ആത്മാ മനോ ദൈവം ചക്ഷു സവാ ചുഷ ഇനി പറയുന്നു ഞാൻ മനനം ചെയ്യുന്നു ചിന്തിക്കുന്നു വിചാരം ചെയ്യുന്നു ഇന്ദ്രിയങ്ങളിലൂടെ െ കുറിച്ച് ചിന്തിക്കുന്നു വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനും മതി ഇന്ദ്രിയങ്ങളുടെ സഹായം മനനം ചെയ്യുന്നതിനും അതിന്റെ ആവശ്യമില്ല അതിന അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനനം വ്യാപാരം ഇന്ദ്രിയ അസംസൃഷ്ടം അസംസ്പൃഷ്ടം അസംസൃഷ്ട ഇന്ദ്രിയങ്ങളുമായിട്ട് യാതൊരു സംബന്ധമില്ലാതെ ഒരു സ്പർശമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംബന്ധമില്ലാതെ ആവശ്യമില്ലല്ലോ മനനം ചെയ്യുന്നതിന് ഇന്ദ്രിയങ്ങൾക്ക് വലിയൊരു ദൗർബല്യമുണ്ട് ഒരു ബലഹീനതയുണ്ട് വർത്തമാനകാലത്തിലുള്ളതിനെ ഗ്രഹിക്കാൻ പറ്റും കണ്ണിന് ഇപ്പൊ ഇത് മുമ്പേ ഉള്ളതിനെ കാണാൻ പറ്റും ഈ കണ്ണിനെ ഇപ്പോ കാണാൻ പറ്റും ഇന്നലെ കാണാൻ പറ്റും പറ്റത്തില്ല ഇതാ എന്റെ ഈ വർത്തമാനകാലത്തിലുള്ള ശബ്ദത്തെ കേബ്ദം ഇന്ന് കേൾക്കാൻ പറ്റുന്നു നാളത്തെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റത്തില്ല രസനയ്ക്കും തൊകീന്ദ്രിയത്തിനും പ്രാണേന്ദ്രിയത്തിനും എല്ലാം ഈ പോരായ്മ വിഷയം വർത്തമാനമായാൽ മാത്രമേ അതിനുഗ്രഹിക്കാൻ പറ്റൂ ഇന്നലത്ത നാളത്തൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല അവിടെ വിഷയം ഉണ്ടായിരുന്നു പക്ഷെ അത് പോയിന്നേ പറയാൻ പറ്റൂ ഇന്നലെ കണ്ടു ഇന്ന് കാണുന്നു ഇന്നലെ കണ്ടതിനെ ഇന്ന് കാണുന്നു നാളെ കാണേണ്ടതിനെ ഇന്ന് കാണുന്നു അതും പറ്റുന്നില്ല ഇന്ദ്രിയങ്ങളുടെ ഒരു പോരായ്മയായി ഈശ്വരൻ അങ്ങനെയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചിരിക്കുന്നത് അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജീവിതം സുഖകരമായിരുന്നു ഇന്നലെ കുടിച്ച പൽപ്പായസം ഇന്നും കുടിക്കാം മാത്രമല്ല നാളെ കുടിക്കേണ്ടത് ഇന്നേ കുടിക്കാം പിന്നെന്തായിരിക്കും ആനന്ദം പക്ഷെ ഭഗവാൻ്റെ ഒരു ക്രൂരത കാണിച്ചു എന്താണ് ഇൻസ്റ്റന്റ് പരിപാടികളെ ഒന്നുണ്ട് ഇപ്പോ ഉണ്ടോ വർത്തമാനകാലത്തിൽ മാത്രം ഭൂതഭാവികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല ഇന്ദ്രിയങ്ങൾ പക്ഷെ അത് മനസ്സിന് കൊടുത്തു മനസ്സിന് ആ ഒരു വിശേഷത കൂടെ കൊടുത്തു ഇന്ദ്രിയങ്ങളിൽ നിന്ന് അതിങ്ങോട്ടെടുത്തിട്ട് മനസ്സിന് കൊടുത്തു നേരത്തെ പറഞ്ഞോളൂ ഈശ്വരനാണ് നിയുക്ത ഇതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഈശ്വരന്റെ പണിയാണ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പണിയും എന്തോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു ഈശ്വരന്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും പറ്റില്ലല്ലോ മനസ്സിന്റെ പ്രത്യേകത എന്താണോ നാളത്തെ പായസവും ഇന്ന് മനപ്പായസവും കഴിഞ്ഞതും അങ്ങനെ എല്ല മനസ്സിൽ ആസ്വദിക്കുക രസിക്കാം പിന്നെ സന്തോഷിക്കുക നിരാശപ്പെടാം ഭൂതഭാവികളുടെ എല്ലാം മനസ്സിനും വിഷയമാണ് ഇന്നലെ കണ്ടതിന് ഇന്ന് നാളെ കാണേണ്ടതിന് ഇന്ന് ഭാവന ചെയ്യുന്നില്ല ജീവൻ തന്നെ വർത്തമാനത്തെ വിട്ടിട്ട് അവന്റെ വ്യവഹാരത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭൂതസ്മൃതിയിലും ഭാവി ഭാവനകളിലുമായിട്ടാണ് പോകുന്നത് വർത്തമാനത്തിൽ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്നിൽ ഭൂതത്തിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് പോകും ഈ ഗ്രഹണത്തിനു പോലും ഭൂതഭാവികളുടെ താരതമ്യം ആവശ്യമാണ് പുസ്തകത്തെ അപേ കാണുമ്പോ ഷ്മേന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ടായി പുസ്തകമൊന്നറിയണമെങ്കിൽ ഇത് പുസ്തകമാണ് ആ പൂർവ്വ സംസ്കാരം കൂടി അതിനാവശ്യമാണ് ഇതാദ്യം കാണുന്നവന് ഉള്ള അറിവില്ല മുമ്പ് കണ്ട എനിക്കുണ്ടാകുന്ന അറിവ് ആദ്യം കാണുന്നവന് ഇതൊരു വസ്തു എന്നുള്ള ഒരു ബോധമുണ്ടാവും പിന്നെ ഇത് ഇന്നതാണ് ഇതിന്റെ വിശേഷതകൾ ഇന്നതാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്താണ് മനസ്സ് ഭൂതകാലങ്ങളിലേക്കൊക്കെ പോയി ചെകഞ്ചെടുത്ത് കൊണ്ടുവരുന്ന അറിവിനെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോഴാണ് അപ്പൊ ആ ഒരു കഴിവ് ഭൂതഭാവികളിൽ വ്യാപരിക്കുന്നതിനുള്ള ഒരു കഴിവ് മനസ്സിനുണ്ട് വാസ്തവത്തിൽ ഭൂതത്തെയും ഭാവിയേയും അറിയുന്നവനെ നമ്മൾ എന്താ വിളിക്കുന്നത് എന്താ പറയുന്നു ഒരാൾക്ക് ഭൂതത്തെയും ഭാവിയേയും അറിയാമെങ്കിൽ അത് തന്നെ ദൈവം എന്ന് പറയും അവൻ്റെ കൂടെ ശ്രുതി മനസ്സിന് കൊടുത്തിരിക്കുന്നതാണ് മനോഹസ്യ ദൈവം മനസ്സ് ദൈവമാണ് മനസ്സി ഇന്ദ്രിയങ്ങളുടെയൊക്കെ ദൈവമാണ് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം വേറെ ആൾ ചെയ്താൽ അയാളെ നമ്മൾ പറയും ദൈവമാണ് അയാളെ നമ്മൾ ആരാധിക്കും ദൈവമാണ് ഇന്ദ്രിയങ്ങളെല്ലാം ആരാധിക്കുന്ന ഒന്നാണ് ഈ മനസ്സ് മനോസ് ദൈവം മനസ്സിന്റെ ഒരു വിശേഷതയാണ് അനുഭൂതകാലത്തിലേക്ക് എത്ര കാലം വരെ വേണമെങ്കിലും അതുകൊണ്ട് അനാദി അതുവരെ പോവാം ഭാവിയിലെ മനസ്സിന് എത്ര ദൂരം കൊണ്ടും സഞ്ചരിക്കാം അനന്തം അതുവരെ അത് പോകും അനാദ്യങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിച്ചു അതുകൊണ്ടെന്താണ് അസ്പൃഷ്ടം മന്വാനീതി വേദസാത്മ മനനായ മനഃ നേരെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും വേണ്ടി പറഞ്ഞതുപോലെയാണ് ചാക്ഷ പുരുഷൻ എന്ന് പറഞ്ഞതുപോലെ ഇവനെ മാനസ പുരുഷനെന്നും വിളിക്കാം ദോഷമൊന്നുമില്ല യോ വേദാത്മീത്യവ് സർവത്ര പ്രയോഗാദ് വേദന മത്സ്യ സ്വരൂപം വിത്യവഗമ്യത ി മറ്റൊരു കാര്യം പറഞ്ഞു അഥയു വേദയുധം മന്വാനീതി അവിടെയാണ് വേദശബ്ദം പ്രയോഗിച്ച് അറിയുന്നവൻ അറിയുന്നു ഒരു ശബ്ദം പ്രയോഗത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു നിയമമുണ്ട് ശബ്ദം നമ്മൾ പ്രയോഗിക്കാറുണ്ട് നമുക്ക് അർത്ഥബോധം ഉണ്ടാവാറുണ്ട് നമ്മൾ നിയമങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അറിയേണ്ട ആവശ്യമുണ്ട് പക്ഷെ ശബ്ദശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ചിന്തിക്കും അവര് പറയും ആ പദം ചെയ്ത എന്ന് പറഞ്ഞെന്താണ് ഒരു ശബ്ദം അതിനൊരു പദമായിട്ടേ പ്രയോഗിക്കോ പദമെന്ന് പറയുമ്പോ എന്താണ് അതിന്റെ വിശേഷത ഭാഷാശാസ്ത്രം അനുസരിച്ച് അതിനൊരു പ്രകൃതി കാണും ഒരു പ്രത്യേകം കാണും അത് രണ്ടും കൂടി ചേർന്നാലേ അത് പദമാകത്തുള്ളു പ്രകൃതിയും പ്രത്യേകത്തെ പോലെയും അത് അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശബ്ദശാസ്ത്രം ശബ്ദശാസ്ത്രം മാത്രമല്ല ആധ്യാത്മികശാസ്ത്രത്തിനും ഈ ഉദാഹരണം എടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണനെയും ഗോപികാമാരിയും കുറിച്ച് പറയുമ്പോൾ പ്രകൃതി പ്രത്യയങ്ങളെ പോലെ പറയുന്നുണ്ട് ഗീതാഗോവിന്ദ പലയിടത്തും ഈ ഒരു വിഷയം വളരെ വിഹനമായി ചർച്ച ചെയ്തിട്ടുണ്ടാണ് ഇവിടെ അതിനെ പറയുന്നത് പ്രകൃതി കുറിച്ച് ശബ്ദാർത്ഥ പദത്തിന്റെ പ്രകൃതിയും പ്രത്യേകം പ്രകൃതി യുവവേദ എന്ന് പറയുന്നിടത്തോണ്ടാ പ്രകൃതി പ്രത്യയങ്ങൾ പ്രകൃതി എന്ന് പറയുന്നത് നിർവിശേഷമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു പ്രത്യേകം എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതാണ് അതിന്റെ വ്യത്യാസം എങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ അരവ് എന്ന് പറയുന്നു അറിയുന്നവനെന്നും പറയുന്നു അരവ് എന്ന് പറയുമ്പോൾ കേവലമായ പ്രകൃതി അർത്ഥം അത് ശുദ്ധമാണ് പ്രകൃതി ശുദ്ധമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അറിവിനെ നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് അത് നിർഗുണമാണ് നിരാകാരമാണ് നിരഞ്ജനമാണ് നിർമ്മലമാണ് നിത്യശുദ്ധ ബുദ്ധ സ്വഭാവമാണെന്നെല്ലാം പറഞ്ഞാൽ അത് പ്രകൃത്യർത്ഥം ആ ശബ്ദത്തിലൂടെ മനസ്സിലാക്കുന്ന രീതി ഇവിടെ പറയുകയാണ് പക്ഷെ അടുത്ത് പറയുന്നു അറിയുന്നവൻ എന്ന് പറയുന്നു അപ്പോൾ അതിന്റെ സ്വഭാവമാണ് ആ അറിവിന് മറ്റെന്തോടി കൂടിച്ചേർന്ന് വെച്ചാൽ അവിടെ പ്രകൃതി അർത്ഥം കൂടെ അല്ല പ്രത്യർത്ഥം കൂടെ പ്രകൃതി അർത്ഥത്തോട് പ്രത്യേക അർത്ഥം കൂടെ കൂടിച്ചേർന്നു അതാണ് ഇവിടെ ഭക്ഷ്യക്കാരൻ പറയുന്നത് അറിവെന്നും അറിയുന്നവനെന്നും പറയുന്നതിന് വ്യത്യാസം ഉണ്ടല്ലേ അറിവ് ശുദ്ധം കേവലം അറിയുന്നവൻ അങ്ങനെയല്ല അറിയുന്നവൻ എന്നുള്ളൊരു ഭാവം വന്നു ജീവഭാവം വന്നു അഹംഭാവം വന്നു കരണം കൊണ്ടാശ്രയത്വം വന്നു വിഷയസ്പർശം വന്നു അസവത്തിൽ അറിവെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ശുദ്ധമായ അറിവ് അറിയുന്നവനെന്ന് പറഞ്ഞപ്പോൾ അവിടെ അജീവഭാവമെന്നും അതുകൂടെ പറയുന്നു സംവിധേകരസ്യ അതാണ് ആ പ്രകൃതി ഏക സ്വഭാവത്തിലുള്ള അറിവ് അസംഘദാസീന അതിനെന്ത് പറയും അത് അസംഘമാണ് ഉദാസീനമാണ് അതിന്റെ വ്യാഖ്യാനത്തിലാണ് ഞാൻ വായിക്കുന്നത് വിഷയ സംസൃഗ്ര വിഷയസംസൃത ഭ്രമം അതാണ് അറിയുന്നവനെന്ന് വരുമ്പോൾ വരുന്നത് ഇത് അസംഘവദാസീനനാണ് ഇതിൽ വിഷയബന്ധമൊന്നും വരാൻ പാടില്ല എന്നാലും ആ വിഷയസംബദ്ധ ഭ്രമം വിഷയസംബന്ധ പ്രതീതി ഉണ്ടാവും അത് ഈ പ്രകൃതി അർത്ഥം കൊണ്ട് അറിയുന്നവൻ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഒരു കർത്താവിനെ കൊണ്ടുവരുന്നു കർത്താവിന്റെ അർത്ഥത്തെ കാണിക്കുന്ന ഒരു പ്രത്യയത്തെ അവിടെ കൊണ്ടുപോയിരുന്നു ആ പ്രത്യയത്തിലൂടെ ഒരു അർത്ഥം കിട്ടുന്നു അപ്പോൾ പ്രകൃതി പ്രത്യയ അർത്ഥങ്ങൾ കൂടി ചേരുന്നു അപ്പൊ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഈ ബന്ധം അത് പ്രകൃതി പ്രത്യ സംയോഗം പോലെയാണോ എന്ന് പറയും ശബ്ദശാസ്ത്രത്തിലൂടെ പറഞ്ഞു ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത് ആധാരം സ്ഫോടമാണ് ബ്രഹ്മമാണ് അതിന്റെ ആശ്രയം അപ്പൊ അവിടെയും ആത്യന്തികമായി പറയുന്ന ഇത് തന്നെയാണ് നഹി നഹി രക്ഷതയിൽ ഡുകറിഞ്ഞു കരണീന്ന് ഭാഷകാരൻ തന്നെ ആക്ഷേപിച്ചതായി പറയുന്നു എന്താണോ ഗണാനാം ത്വാം എന്ന് അർത്ഥം അറിയാതെ വേദം ചൊല്ലുന്നത് പോലെയാണ് അതിനെ ആക്ഷേപിച്ചിരിക്കുന്നത് അല്ലെ വേദത്തെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതിന്റെ താല്പര്യം മനസ്സിലാക്കാത്ത ചൊല്ലുന്നു അതുപോലെ തന്നെ ശബ്ദശാസ്ത്രത്തെയും അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ചൊല്ലുന്നതിനെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് അതിന്റെയും താല്പര്യം ഈ ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് അത് എല്ലാ ദർശനങ്ങളും ആ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്ന പറയും ഭർത്തൃഹരി വാക്യപതിയത്തില് മറ്റും പറയുന്നത് ശബ്ദശാസ്ത്രത്തിന്റെ തത്വത്തെയാണ് അവിടെ പറയുന്ന ആ തത്വം ബ്രഹ്മതത്വമാണ് അവിടെയും പറയുന്നത് പരബ്രഹ്മം എന്നാണ് പറയുന്നത് ഇതമന്ധം തമ കൃഷ്ണം ജായും ശബ്ദാഹ്വയം ആ സംസാരം ദൃ്യതഗിരി പറയുന്ന ഈ ശബ്ദജ്യോതിഷിയെ ലോകത്തെ പ്രകാശിപ്പിച്ചല്ലെങ്കിൽ ഈ ലോകം ഇല്ലോകത്ത് പ്രകാശിപ്പിക്കുന്ന ജ്യോതിഷത് ബ്രഹ്മജ്യോതിഷാണ് അതുകൊണ്ടിവിടെ പറയുന്നു ആ ശബ്ദത്തിലൂടെ തന്നെ ആ തത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഉബേദ എന്ന് പറയുന്നത് അവിടെ പ്രകൃതി അർത്ഥം അതാണ് പരമാർത്ഥം വേദനം ഹസ്യ സ്വരൂപം ഇത് അവഗമ്യതേ അതാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് വേദനം എന്ന് പറയുന്നത് എന്റെ സ്വരൂപമാണ് പ്രകൃതി അർത്ഥം അതാണ് എന്റെ സ്വരൂപം യോഗ്യത പക്ഷെ അറിയുന്നവനെന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം മാറി जीवभाव अवन जीवभाव प्रकृति अर्थ केवल भाव प्रथम चेरब स्वाभाग अदापर्यत्रूत कर्तक्ष പ്രകൃതി അർത്ഥം ഗുരൂപം തു സം അതാണ് ഞാനിവിടെ വിശദീകരിച്ചത് അനപേക്ഷിതയ സത്യം ആത്മസ്വരൂപം അതാണ് ഭാഷകാരൻ ഇവിടെ സർവത്വ വേദന മത്സ്യ സ്വരൂപം എന്ന് പറഞ്ഞ താല്പര്യമാണ് ആ സംസ്കൃതമാണ് വിശദീകരിച്ച് പറഞ്ഞത്യോ വേദ ആ ശബ്ദം തന്നെ രണ്ടിനെയും ആ പരമാർത്ഥ ഭാവത്തെയും പ്രകാശിപ്പിക്കുന്നു ഉപാധിയോടു കൂടിയ ഭാവത്തെയും പ്രകാശിപ്പിക്കുന്നു അഥയോ വേദ എന്ന് പറയുമ്പോൾ ആരാണോ അറിയുന്നവൻ ഇന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സാറിന് ചോദിക്കുന്നു ആത്മാവ് അറിയുമോ ആത്മാവിനെ നിങ്ങൾ പറയുന്നത് കണ്ണും ചെവിയും മൂക്കമൊന്നും ഇല്ലാത്തതെന്നാണ് ഇല്ല പറയുന്നു ആരാണോ അറിയുന്നത് ഇവിടെ വന്നല്ലേ വിരോധം ഇന്നലെ പറഞ്ഞതിന് വിരോധമായല്ലേ ഇന്ന് പറയുന്നത് സാർ നമ്മളങ്ങനെ ചിന്തിക്കാറില്ലേ വേറെ അടുത്ത് പറയും അവന് പാപമില്ലെന്ന് വേറെടുത്ത് പറയും അവൻ പാപത്തെ അനുഭവിക്കുന്നു സുഖമില്ലെന്ന് പറയും വേറെ എടുത്ത് പറയുന്നു ബ്രഹ്മലോകത്ത് പോയി സുഖത്തെ അനുഭവിക്കുന്നു ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പ്രതീതമാകുന്ന തലത്തിൽ എങ്ങനെ പറയുന്നുകൊണ്ടാണ് ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത് യോ വേദ അറിയുന്നു എന്ന് പറയുന്നു സാത്മാ എങ്ങനെ അറിയാൻ പറ്റും ആത്മാവ് ആത്മാവ് സ്വയം അറിവല്ലേ സ്വയം അറിവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് അത് അറിയുന്നവനെന്ന് പറയുന്നത് ശ്രുതിയുടെ താല്പര്യം നമ്മൾ അതിന്റെ വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതല്ല മറിച്ച് ആ വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് വൈരുദ്ധ്യം ശ്രുതിയുടെ ഉപദേശത്തിലല്ല മറിച്ച് നമ്മുടെ അന്ധകരണത്തിലാണ് അന്ധകരണമാണ് ഈ വൈരുദ്ധ്യങ്ങളെ സൃഷ്ടിച്ചു തരുന്നത് അതിനെ അന്ധകരണത്തിൽ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിന് ഇങ്ങനെ വ്യക്തമാക്കുന്നത് യോ വേദസാത്മീത്യവ് സർവത്വ പ്രയുഗ് വേദനമസ്യ സ്വരൂപം കാരണം ഇവിടെ എല്ലായിടത്തും പറയുമ്പോൾ ആരാണോ അറിയുന്നത് കണ്ണുകൊണ്ടറിയുന്നവൻ ചെവി കൊണ്ടറിയുന്നവൻ മൂക്കുകൊണ്ടറിയുന്നവൻ നാപ്പ് കൊണ്ടറിയുന്നവൻ മനസ്സുകൊണ്ടറിയുന്നവൻ ഇങ്ങനെ സർവോത്ര അറിവ് അറിയുന്നവൻ അറിയുന്നവൻ എന്ന് പറയുന്നിടത്തെല്ലാം വരുന്നുണ്ട് അറിവ് അറിയുന്നവൻ മാറുന്നു കണ്ണും മൂക്കും ചെവിയും ഒക്കെ ആയിട്ടും മാറുന്നു പക്ഷെ അറിവ് മാറുന്നില്ലല്ലോ അതിനുഗ്രഹിക്കണമെന്നാണ് അതാണ് സ്വരൂപം അതിനു വേണ്ടിയിട്ടാണ് ഈ അറിയുന്നവൻ അറിയുന്നവനെന്ന് ആവർത്തിക്കുന്നത് യഥായ പുരസ്ത പ്രകാശേ ദി സാധിത്യോ ദക്ഷിണതായ പശ്ചാത്തല ഉത്തരൂർധ്വം ചേർത്തോളുക പ്രകാശേ ദി പ്രകാശ സ്വരൂപ സഹിതി ഗമ്യത്തെ സൂര്യനെ സൂര്യനെന്ന് പറയുന്നില്ല എന്റെ പിറകിൽ പ്രകാശിക്കുന്നത് ആരാണ് എന്റെ മുമ്പിൽ ഈ പ്രകാശത്തെ കുഴിക്കുന്നത് ആരാണ് എന്റെ ഉച്ചയിൽ ശിരസിന് മുകളിൽ പ്രകാശം നൽകുന്ന ആരാണ് എൻ്റെ കാലിന് താഴെ പ്രകാശം തരുന്ന ആരാണ് സർവത്ര പ്രകാശം തരുന്ന ആരാണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൾബാണ് ട്യൂബാണ് മെഴുകുതിരി വെളിച്ചോണമെന്ന് ആരെങ്കിലും പറയൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കും എന്താണോ അത് സവിതാവാണ് സൂര്യനാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും പറയുന്നത് അതുപോലെ ഇവിടെ ഓരോ സ്ഥലത്തും യോ വേദ യോ വേദ യോ വേദ എന്ന് പറയുമ്പോ കണ്ണിനെയും മൂക്കിനെയും ചെവിയും അറിയുന്നവനെ അല്ല ഗ്രഹിക്കേണ്ടത് അറിവിനെയാണ് പ്രത്യർത്ഥത്തെ അല്ല അവിടെ പ്രധാനമായിഗ്രഹിക്കേണ്ടത് പ്രകൃത്യർത്ഥത്തെയാണ് പ്രകാശസ്വരൂപ എന്താണ് ആദിത്യൻ പ്രകാശസ്വരൂപനാണ് അവൻ പ്രകാശസ്വരൂപനായതുകൊണ്ടാണ് സർവത്ര പ്രകാശം വന്നിരിക്കുന്നത് അവൻ പ്രകാശസ്വരൂപനായാലേ അവന് സർവത്തെയും പ്രകാശിപ്പിക്കാൻ കഴിയൂ സർവകർണങ്ങളിലൂടെയും ഉള്ള പ്രകാശം ആത്മപ്രകാശമാണ് എന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എന്താ പറയേണ്ടത് ദർശനാദിക്രിയ നിർവൃത്തിയർത്ഥാനിതു ചക്ഷരാദി കർണ ദർശന ശ്രവണാദി ഈ അനുഭവങ്ങളെ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർണങ്ങൾ ഇത് അനുഭവരൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ താനെന്തായാലും ആ നിർവിശേഷാവസ്ഥ വിട്ട് ഇവിടേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഒന്നിനെ മാത്രം വിട്ടില്ല ആ കേവല ബോധത്തെ അതിനെ വിട്ടില്ല ആ ബോധത്തെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഞാനിവിടെയുണ്ട് എന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചക്ഷുരാധികരണങ്ങൾ നമ്മൾ സാധന ധരിക്കുക ഇതുകൊണ്ടാണ് ഈ ആത്മാവിനെ മറന്നുപോയതും അങ്ങനെയല്ല ഇതാണ് ഈ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ വേദവേദ എന്ന് നമ്മൾ പറഞ്ഞു തീ ഇത് മറക്കുകയില്ലാതാണ് അവിടെ പറഞ്ഞെന്താണ് പ്രതി ബോധവിദിതം ഓരോ ബോധത്തിലും ഇതാണ് പ്രകാശിക്കുന്നത് അപ്പം ഈ ഇന്ദ്രിയവ്യാപാരം കരണവ്യാപാരം ഇതെല്ലാം എന്താണ് നിർവൃത്യർത്ഥാനി നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടാണ് ആ ബോധത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റും അതിനെ വിസ്മരിക്കാൻ പറ്റും അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ഇതുമായിട്ട് വ്യത്യാസമുണ്ട് തസ്മാ പരാതി എന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ പറയുന്നതെന്ന് തോന്നുന്നു അവിടെ എന്താണ് പറഞ്ഞത് ബഹിർമുഖമായ ഇന്ദ്രിയങ്ങൾ അതുകൊണ്ട് അന്തരാത്മാവിനെ ഗ്രഹിക്കുന്നില്ല ഇവിടെ പറയുന്നു ഇതിനെ ബഹിർമുഖമാക്കി സൃഷ്ടിച്ചിരിക്കുന്നത് അന്തരാത്മാവിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ബഹിർമുഖമായിരിക്കുന്നത് ഈ ബോധം തന്നെ വേദ അതല്ലേ പറയുന്നു എന്തിനാണ് ഗ്രഹിക്കേണ്ടത് ആ ബോധത്തെ തന്നെ രണ്ടുകൂടി ചേരുമ്പോ ഇതിന്റെ പരമാർത്ഥ താല്പര്യം എന്താണ് ഈ ബോധഗ്രഹണത്തിന് തന്നെ അത് സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ സമന്വയിപ്പിച്ചാണ് കേനുപുരുഷന് പറഞ്ഞത് പ്രതിബോധവിദിതം എന്ന് പറഞ്ഞത് ഇതഞ്ചാസ്യാത്മന സാമർഥ്യ അവഗമ്യത ഇത് സാമർഥ്യത്തിലൂടെ മനസ്സിലാക്കാൻ യുക്തിയിലൂടെ മനസ്സിലാക്കാൻ എന്താണ് ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ദർശന ശ്രവണാദി വ്യാപാരങ്ങളൊന്നും മറ്റെന്തിനും എന്താ ഇതുകൊണ്ട് സാധിക്കുന്നത് ഇതെല്ലാം ആത്മപ്രകാശത്തിന് വേണ്ടിയാണ് ഇതാണ് യുക്തി അർത്ഥാപത്യ യുക്തി എന്ന് പറയുന്നതാണ് ആത്മപ്രകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്നാണ് അങ്ങനെയുള്ള ഒരു മനനത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ധരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് തടസ്സമായിരിക്കുന്നു ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്നു നമ്മൾ ധരിക്കുന്നു ഇത് ഇത് അതിനു വേണ്ടിയാണോ അല്ലെങ്കിൽ ഈ ബോധത്തിന്റെ അനുഭവങ്ങനെ ഉണ്ടാകും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഇതുവേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നതാണ് ഇതിലൂടെ എല്ലാം അന്വേഷിക്കുന്ന അതിനെ തന്നെയാണ് സർവവ്യാപാരങ്ങളിലൂടെയും ഇന്ദ്രിയ മനോവ്യാപാരങ്ങളുടെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തത്വത്തെയാണ് ആ തത്വത്തെ അന്വേഷിക്കുന്ന ഒരു യത്നമാണ് ഈ വ്യാപാരം എന്ന് പറയുന്നത് ആ പരമാർത്ഥസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യത്നം അതാണ് ഈ വ്യാപാരങ്ങൾ ആത്മനഹ സത്ത മാത്രേവജ്ഞാന കടത്തിർത്തുനതു വ്യാപൃത്തതയാ പരമാർത്ഥത്തിലെന്താണ് നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത ഈ ബോധസത്ത അത് അത് നിലനിൽക്കുന്നു ഇവിടെ എന്തൊക്കെ കാണുകയോ കേൾക്കുകയോ രചിക്കുകയോ മണക്കുകയോ എന്തൊക്കെ സംഭവിച്ചാൽ ബുദ്ധി നിരന്തരം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിടെയെല്ലാം നമ്മളെ അത് ബോധിപ്പിക്കുന്ന എന്താണ് ഈ ജ്ഞാനത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ അസ്തിത്വമായി പ്രകാശിക്കുന്ന ജ്ഞാനം നിർവിശേഷമായി ആനന്ദമായി പ്രകാശിക്കുന്ന ജ്ഞാനം അതാണ് ഈ വ്യാപാരങ്ങളിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ആ സത്തയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നു കേൾക്കും കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അവിടെ ജ്ഞാനസത്തയുടെ പ്രകാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സൂര്യൻ മുമ്പിലും പിറകിലും താഴെയും വേണമൊക്കെ പ്രകാശിക്കുന്നതുകൊണ്ടെന്താ സൂര്യനും വല്ല ദോഷമുണ്ടോ അതതിന്റെ സ്വഭാവമാണ് സൂര്യൻ അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടായി അതുകൊണ്ട് ഈ ജ്ഞാനസത്ത സർവ ഇന്ദ്രിയവാരാ ബഹർഗമിക്കുന്നത് കൊണ്ട് ന്യൂനതയൊന്നും സംഭവിച്ചിട്ടില്ല മാത്രേവ ജ്ഞാന കർത്തൃത്വം വിശേഷിച്ച് നമ്മൾ ധരിക്കുന്നത് പോലെ അതിൽ കർത്തൃത്വഭോക്തൃത്വങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നമ്മളതൊക്കെ പറയുന്നെന്താണ് ഈ ബാഹ്യമായ വ്യാപാരങ്ങളിലേക്ക് ശ്രദ്ധിക്കും അതിൻ്റെ ആന്തരിക സത്തയെ വിട്ടുകളയുമ്പോൾ അതിൻ്റെ വ്യാപാരത്തിൻ്റെ തരത്തിൽ പറയുന്നു ഇവിടെ ബന്ധമോക്ഷങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു സുഖദുഃഖത്തിൻ്റെ തരത്തിൽ പറയുന്നു ഞാൻ ബന്ധിതനായിരിക്കുന്നു സത്താ മാത്രയിൽ അതൊന്നും സംഭവിക്കുന്നില്ല അതിനാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെ ഒന്നുകൂടി പറയുന്നു യഥാ സവിധ സത്ത മാത്ര ഇവ പ്രകാശന കടത്തിറത്തുന്ന വ്യാപൃത തേരി തദ്വ അതിനാണ് സവിതാവിന്റെ സൂര്യന്റെ ഉദാഹരണം പറഞ്ഞത് സത്ത മാത്രയോ പ്രകാശന കടത്തി എന്താ സൂര്യൻ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ സൂര്യനോട്ട് ടോർച്ചുമായിട്ട് വരുന്നുണ്ടോ ഇതാ നീ കാണന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കുന്നല്ലോ എന്നാലും നമ്മൾ പറയുക എന്താണ് സൂര്യൻ ഇങ്ങോട്ട് സൂര്യന്റെ പ്രകാശം വന്ന് എന്റെ കണ്ണിനെ സഹായിച്ചു സൂര്യന്റെ പ്രകാശത്തിൽ നമ്മൾ കരണത്വത്തെ ആരോപിക്കുകയും അത് വന്ന് സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സൂര്യനൊരു സഹായം ചെയ്തില്ല അത് അതിന്റെ സ്വഭാവത്തിൽ സ്വരൂപത്തിൽ നിൽക്കുന്നതാണ് പ്രകാശ സ്വരൂപത്തിൽ നിൽക്കുന്നത് വിശേഷത്തിൽ ഒരു കർത്തൃത്വവും വന്നില്ല ഒരു കരണത്വവും വന്നില്ല അതുപോലെ സത്താ മാത്രമായി ഈ ബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ എന്താ കാണുന്നു ഞാൻ എന്താ കേൾക്കുന്നു ഞാനായ ജീവഭാവത്തെ അഹന്ത ആശ്രയിച്ചുകൊണ്ട് എന്റേതായ കർണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം വ്യാപാരങ്ങൾ ചെയ്യുന്നു പരമാർത്ഥത്തിലിവിടെ ആ സത്തയുടെ കേവലമായ പ്രകാശം മാത്രം ആ ജ്ഞാനത്തിന്റെ കേവല പ്രകാശം മാത്രമാണ് അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വ്യാപൃത്തതയാ ഏതെങ്കിലും ഒരു വ്യാപാരത്തെ അതിനു ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ല ശ്രുതിയുടെ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് അതിൽ സവിശേഷതയുണ്ട് മനസ്സിന് മനസ്സൊന്നും ഒരു ഉപാധിക്ക് അത് സാക്ഷാത് ദൈവം തന്നെ മനസ്സിന് നോക്ക പറയാം സർവജ്ഞനാണ് എന്ന് പറയാം അതുകൊണ്ടാണല്ലോ അത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതാണും ഭാഷ്യകാരനത് വിശദീകരിക്കും